ും എന്നാലും ശിവപൂജയൊക്കെ ചന്ദ്രമോളീശ്വര പൂജയൊക്കെ ചെയ്യേണ്ടത് കർത്തവ്യമായതുകൊണ്ട് ചെയ്യാൻ വന്നിരിക്കും പക്ഷെ ഈ പറഞ്ഞ പോലെ ആത്മരത്തിലേവസിയാതെ ആത്മതൃപ്തശ്ശ മാനവഹ എന്നുള്ള സ്ഥിതിയിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനേ പറ്റില്ല എവിടെയോ അഭിഷേകം ചെയ്യും എവിടെയോ പുഷ്പാർച്ചന എന്തിനെയോ നോക്കിക്കൊണ്ടിരിക്കും പൂജ എന്ന് വെച്ചാൽ ഒരു സമയമുണ്ട് ഒരു മൂന്ന് മണിക്കൂർ നാലു മണിക്കൂറുണ്ട് ആളുകളൊക്കെ ഈ മഠാധിപതി പൂജ ചെയ്ത് കാണാൻ വന്നിരിക്കും ഇദ്ദേഹമാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ പൂജ ചിലപ്പോൾ ഒരു ദിവസമായി കളയും ചെയ്യണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ ചെയ്യാനും പറ്റില്ല എന്നാൽ ചെയ്യാതിരിക്കാൻ പാടു ഉപേക്ഷിക്കാനും വയ്യ അപ്പൊ സ്വാമികൾ പിന്നീട് പറയുന്നു എല്ലാരും ഞാൻ മഠാധിപതിയാണ് ഇന്നതൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കണം ചെയ്യാതിരുന്നാൽ അവരെന്ത് വിചാരിക്കും ഇദ്ദേഹമേ ചെയ്യുന്നില്ല പിന്നെ ഞങ്ങളൊക്കെ എന്തിനു ചെയ്യണം എന്ന് പറഞ്ഞ് അവരൊരു റിക്കോർഡ്സ് എടുത്തോളും അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലാതെ അവർ ആ സ്ഥിതിയിൽ അവർക്കൊന്നും ചെയ്യാത്തതുകൊണ്ട് ഒരു ദൂഷ്യവും അവര് ചെയ്യാൻ സാധിക്കൂല്ല അവർക്ക് ജീവൻ മുക്തന്മാർക്ക് അങ്ങനെ ജീവൻമുക്തന്മാരായി ജ്ഞാനികളായിട്ടുള്ളവർ പോലും ലോക വേണ്ടി ലോകമംഗളത്തിനു വേണ്ടി പലതും ചെയ്ത് കാണിക്കുകയാണ് നമുക്ക് ഇങ്ങനെങ്ങനെ പ്രവർത്തിക്കൂ ഇങ്ങനെങ്ങനെ ചെയ്യൂ വഴി കാണിക്കുകയാണ് അതിന് ഭഗവാനോട് നിയമം പറയാണ് യദ് ആചരത്തി ശ്രേഷ്ഠ ലോകത്തിലെപ്പോഴും സ്വയം ബുദ്ധി ഉപയോഗിച്ച് നടക്കുന്ന ആളുകളൊക്കെ വളരെ കുറവാണ് നമ്മളുടെ മെഷീനൊക്കെ കേടുവുന്നേ പോയിരിക്കുന്നു അത്രയോ ജന്മമായി ഒക്കെ ഒരാൾ നടന്നാൽ ആ വഴിക്ക് നടക്കും സൊസൈറ്റി എവിടെ വേണമെങ്കിലും നോക്കിക്കൊള്ളാം അടുത്ത വീട്ടിലെ കുട്ടി എഞ്ചിനീയറിങ്ങിന് പോയാൽ എന്റെ മകൻ എഞ്ചിനീയറിംഗ് അടുത്ത വീട്ടിലെ കുട്ടി എം പോയാൽ എന്റെ മകൻ എം ബി എല്ലാം കമ്പ്യൂട്ടർ എന്ന് പോയാൽ എല്ലാവരും കമ്പ്യൂട്ടർ ഒറിജിനലായിട്ടൊരു വഴി ഒരു കുട്ടി തെരഞ്ഞെടുക്കാൻ ശ്രമിച്ചാ അച്ഛനും അമ്മയും കുടുംബത്തിലുള്ളവരും നാട്ടുകാരും ഒക്കെ ആ കുട്ടി ആകപ്പാടെ ചവിട്ടി മെതിച്ച് പാളീസാക്കി കിടക്കും പേടിപ്പിച്ച് വരട്ടി അയ്യോ അതിനൊന്നും സ്കോപ്പില്ല ഹോപ്പില്ല അല്ലെ എന്താണ് മുമ്പേ നടക്കുന്ന ഗോതന്റെ പിൻവേഗമിക്കുന്നു പശുക്കളെല്ലാം ഒരു പശു മുൻപേ പോയാൽ പക്ഷേ എല്ലാം പോവും ഒരു കുട്ടിയോട് സ്കൂളിൽ ടീച്ചർ തിളച്ചു ഒരു വേലിക്കകത്ത് പത്ത് ആടുണ്ട് നാലെണ്ണം പുറത്ത് വന്നാൽ എത്ര എണ്ണം ഉണ്ടാവും കുട്ടി പറഞ്ഞു ടീച്ചറെ ഒന്നും ഉണ്ടാവില്ല അത് ടീച്ചറെ വടിയെടുത്ത് അടിക്കാൻ പോയപ്പോ കുട്ടി പറഞ്ഞു വടിയൊക്കെ അവിടെ വെക്കുക ടീച്ചർക്ക് വേണമെങ്കിൽ കണക്കറിയാമായിരിക്കാം പക്ഷെ എന്റെ വീട്ടിൽ ആടുകളുണ്ട് ആടുകളെ എനിക്ക് നല്ലവണ്ണം അറിയാം നാലെണ്ണം പോയാൽ ബാക്കി ഒന്നും അവിടെ ഉണ്ടാവില്ല ഒക്കെ പുറത്ത് പോകും ഇത് ലോക അതുകൊണ്ടായിരിക്കും യേശു ക്രിസ്തു ആടുകളെ എന്ന് വിളിച്ചത് നമ്മളെയൊക്കെ ഒന്ന് പോയാൽ എല്ലാം അതിന്റെ പറയും പഴയ ഒരു കഥയുണ്ട് ഒരു ബ്രാഹ്മണൻ എല്ലായിടത്തും ഒരു ചെമ്പ് പഞ്ചപാത്രവും കൊണ്ട് പോകും കാശിയിൽ കുളിക്കാൻ പോയി കുളിക്കാൻ പോയപ്പോ ഈ പഞ്ചപാത്രം കരക്കി വെച്ചിട്ട് കുളിക്കാനിറങ്ങുമ്പോ ആരെങ്കിലും എടുത്തോണ്ട് പോവാതിരിക്കണമല്ലോ മണ്ണ് മന്തിയിട്ട് അതിൽ വെച്ചിട്ട് അടയാളം സ്ഥലം അറിയാൻ ആ മണ്ണ് കൊണ്ട് ഒരു ശിവലിംഗം മാതിരി ഒന്ന് പിടിച്ചു വെച്ച് വെള്ളത്തിലിറങ്ങി കുളിച്ചു വരുമ്പോ അവടെ മുഴുവൻ ശിവലിംഗം ഹനുമാൻ കാട്ടിലതും അങ്ങനെ തമിഴ്ക്കാരണ ഗ്രിപ്രദക്ഷണത്തിമാഷ് ജോക്ക് പാകലാ ഒരുത്ത പിടിച്ച് പോലും അതേ മാറി പിടിച്ചു ഒരുത്ത കൈയെ തൂക്കി നടന്ന എല്ലാരും കൈയെ തൂക്കി നടപ്പാ എന്ന എല്ലായിടത്തും ശിവലിംഗം പിടിച്ചു ഇയാളുടെ പാത്രം നഷ്ടമായി അപ്പൊ ഈ ബ്രാഹ്മണൻ പറഞ്ഞു അത്രേ ഗതാനുഗതികോ ലോകഹാനോരമാർത്തി ഗംഗാസൈകത ലിംഗേഷു നഷ്ടം മേ താമ്രഭാചനം ഗംഗ ഗംഗയുടെ മണൽത്തിട്ടല് എന്റെ താമ്രപാത്രം പോയി ഇപ്പൊ അതാണോ ഉണ്ടായത് നടന്ന വഴിക്ക് ഇത് മനുഷ്യ സ്വഭാവം അങ്ങനെ നടക്കരുത് സ്വയം ചിന്തിച്ച് നടക്കണം എന്ന് പറഞ്ഞാലും സമൂഹം അതിന്റെ വഴിക്ക് നടക്കുള്ളൂ സ്വയം ചിന്തിച്ച് നടക്കണമെന്നൊരാൾ പ്രസംഗിച്ചാൽ ആരെയും ഫോളോ ചെയ്യരുത് ജിഡു കൃഷ്ണമൂർത്തി പറഞ്ഞു ഫോളോ എനി വൺ ഡു നോട്ട് സീക്ക് എനി ഗുരു ത്രോ ഓൾ ഗുരുസ് ഇറ്റ് ഈസ് ഇഡിയോട്ടിക് ടു വർഷിപ്പ് a person ഫോട്ടോ വെച്ചിട്ട് to ചെയ്യാം അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ അവനവൻ ചിന്തിച്ച് അവനവന്റെ അവസാനം എന്താന്ന് അദ്ദേഹത്തിന് ഫോട്ടോ വെച്ച ആളുകൾ ഇദ്ദേഹമാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് ഒരു ചന്ദ്രയൊക്കെ കൊടുത്തിവെച്ച് അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒക്കെ പോയി ഒരു നിവൃത്തിയില്ല അപ്പൊ ഇത് ഭഗവാൻ നമ്മുടെ സമ്പ്രദായം എങ്ങനെയാന്ന് വെച്ചാൽ അവരുടെ വഴി അറിഞ്ഞ ആ വഴിക്ക് തന്നെ പോവാ അല്ലാതെ അത് മാറ്റി മറിച്ച് ആകെപ്പാട് ഉഴുത് വെച്ചാൽ ഒന്നും നടക്കില്ല കൃഷ്ണമൂർത്തി സിലോണിലൊക്കെ പ്രസംഗിക്കുമ്പോ ഇതേ വാക്കുകൾ പറയും ഒരാൾ കടിമയാവുക ഒരു മനുഷ്യന്റെ മുമ്പിൽ പോയിട്ട് നിങ്ങളാണ് എല്ലാത്തിനും മേലെ എന്ന് പറഞ്ഞ് ഭക്തി കാണിക്കൽ ഇതൊക്കെ ഫുൾ ഇഷ്നെസ് ആണെന്ന് സ്റ്റേജിൽ നിന്ന് അധികാരം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ഫോളോവറുണ്ട് അങ്ങനെ സാക്ഷാത് ബുദ്ധനെ നോക്കുന്ന പോലെ അദ്ദേഹത്തിന് മുമ്പിൽ കണ്ണുന്ന് ധാരദാറയായി കണ്ണീരുവും വീട് നമസ്കരിക്കും കൃഷ്ണൻ അക്സെപ്റ്റ് അത്ര ഭക്തിയോടുകൂടെ നമസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യും അദ്ദേഹം പിടിച്ചെഴുന്നേറ്റ് അധികാരത്തിനെ കെട്ടിപ്പിടിച്ചോളൂ എന്ത് ചെയ്യാൻ പറ്റും എദ്യത് ആചരതി ശ്രേഷ്ഠ തത്തദേവേതരോചന സയത് പ്രമാണം കുരുത്തേ ലോകസ്ഥതാണ് അനുവർത്തനം ലോകത്തിന്റെ സ്വഭാവമാണ് ഒരാൾ കാണിച്ചാൽ അതേപോലെ കാണിക്കുക എന്നുള്ളത് ലോകത്തിന്റെ സ്വഭാവമാണ് അതിനെ അറിഞ്ഞുകൊണ്ട് ഭഗവാൻ ഇവിടെ എന്ത് പറയണമെന്ന് വെച്ചാൽ നിന്നെ മറ്റുള്ളവർ അനുകരിക്കുകയാണെങ്കിൽ അവർക്ക് കുഴപ്പം വരാത്ത വിധത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നു വെറുതെ ആളുകളുടെ തലയിൽ വേണ്ടാത്തവരൊന്നും കയറ്റിവെക്കേണ്ട അതുകൊണ്ട് നീ കർമ്മ ഉപേക്ഷിച്ചാൽ അർജുനൻ ഇപ്പോ കുരുക്ഷേത്ര ഭൂമിയിലുള്ള സകല യോദ്ധാക്കളുടെ ഐഡിയലാണ് നീ കർമ്മ ഉപേക്ഷിക്കുകയാണെങ്കിൽ അവരൊക്കെ ഉപേക്ഷിക്കും അർജുനൻ നാളെ കാഷായം കൊടുത്താൽ അവിടെയുള്ള ലക്ഷക്കണക്കിലുള്ള സൈന്യം സകലതും ഒട്ടയടിച്ച് കാഷായ കൊടുക്കും ബുദ്ധൻ ചെയ്തത് അതാണേ ബുദ്ധൻ ഒന്നാമത് ബുദ്ധൻ തന്നെ ഒരു ഐഡിയൽ അപ്പൊ ഒരുപാട് രാജകുമാരന്മാർ സന്യാസമെടുത്തു ഊരുവേല കാശ്യപൻ എന്ന് പറഞ്ഞൊരു അഗ്നിഹോത്തിൽ ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു ആ ബ്രാഹ്മണനെ ആദ്യം പോയി തന്റെ വശത്ത് ചേർത്തു ഒരുവേല കശ്യപൻ ബുദ്ധഭിക്ഷുവായതോടുകൂടെ ആയിരക്കണക്കിന് ബ്രാഹ്മണര് സന്യാസികളായി എന്താ അവരൊക്കെ അവരുടെ ലോജിക് എന്താന്ന് വെച്ചാൽ അവര് പാവം സ്വയം ഒന്നും ചിന്തിച്ചില്ല ഗുരുവേല കശ്യപനെ ബുദ്ധന്റെ ശിഷ്യനായാൽ പിന്നെ ഞങ്ങളൊക്കെ എന്താ കശ്യപൻ പറയുന്നത് തന്നെ മാർക്കും എല്ലാരും കാഷായ കൊടുത്തു യത് ആചരതി ശ്രേഷ്ഠ തത്ത് ചിന്തിച്ചിട്ടല്ല ഒരാൾ നടന്നാൽ ആ വഴിക്ക് എല്ലാവരും നടക്കാണ് സയ്യത് പ്രമാണം ഗുരുതയിൽ ഓഗസ്റ്റ തന്നു ഇപ്പൊ തന്നെ നോക്കുക ഒരു ഒരു ഗുരു ഒരു പ്രത്യേക രീതിയിൽ വേഷം കിട്ടിയാൽ എല്ലാരും അതേപോലെ വേഷം കിട്ടും ശിഷ്യന്മാരൊക്കെ നോക്കിക്കൊള്ളാം അദ്ദേഹം ദാടി വെച്ചാൽ അവർ ദാടി വയ്ക്കും അദ്ദേഹം പ്രത്യേക ഒരു കളറിൽ വസ്ത്രം കൊടുത്താൽ അവരതേപോലെ വസ്ത്രം കൊടുക്കും ഒക്കെ ഫാൻസി ഡ്രസ് പ്രിയന്മാരാണ് എന്താന്ന് വെച്ചാൽ ഈ ഇമിറ്റേഷൻ എന്നുള്ളത് നമ്മളുടെ ഉള്ളിൽ ഇറ്റ് ഇസ് ഇൻഗ്രെയിൻഡ് ഇൻ ഹ്യൂമൻ സൈക്കി അതിനെ അനുസരിച്ചുകൊണ്ട് ഭഗവാൻ പറയാണ് അതുകൊണ്ട് അസക്തനായിട്ട് കർമ്മം ചെയ്യും ജനകൻ മുതലായിട്ടുള്ള ഓരോ കർമ്മം ചെയ്യുന്ന പോലെ ചെയ്യും അർജുന എന്നെ തന്നെ നോക്കൂ ഭഗവാൻ തന്നെ തന്നെ പറയുകയാണ് ഞാൻ എന്നെ തന്നെ നോക്കൂ എനിക്കെന്ത് നേടാനുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇവിടെ വന്ന് എനിക്ക് എന്ത് വേണം ഈ യുദ്ധഭൂമിയിൽ ഞാൻ എന്തിനും നിൽക്കണം എനിക്ക് ദ്വാരകാപുരിയിൽ പോയി സുഖമായിട്ടിരിക്കാമല്ലോ എന്റെ ദ്വാരകാപുരി അവിടെയൊക്കെ വിട്ടിട്ട് വന്നിട്ട് അവിടെയൊക്കെ ചേരി രാഷ്ട്രീയ കളിയുമാണ് നടക്കുന്നത് ഭഗവാൻ പാവം മറ്റുള്ളവരുടെയൊക്കെ പ്രവൃത്തിയിലൊക്കെ പോയിട്ട് തിരിച്ചു പോകുമ്പോഴേക്കും ദ്വാരകയിൽ തമ്മിൽ തല്ലും പറഞ്ഞാക്കാമേയും ബഹളം കൂട്ടൽ വായിക്കഴിഞ്ഞു ദ്വാരകൾ ആ ഭഗവാൻ പറഞ്ഞു ഞാൻ എന്തിനും ഇവിടെ വന്ന് നിൽക്കണു എന്റെ കൂടെ ഞാൻ എന്തിനും ഈ രഥം ഓടിച്ചുകൊണ്ട് നിൽക്കണു തേരോടിച്ചുകൊണ്ട് നിൽക്കുന്നു കുതിരയെ കഴുകി തേരൊക്കെ വൃത്തിയാക്കി തേരോട്ടി എങ്ങനെ പ്രവർത്തിക്കണമോ അതുപോലെ പ്രവർത്തിച്ച് അതാണ് ഭീഷ്മ പിതാമഹൻ ഭാഗവതത്തിലും പറഞ്ഞത് സർവാത്മന സമദൃശ അദ്വയസ് ഹ്യനഹംകൃതേ തത്കൃതം അതിവൈഷമ്യം നിരഹങ്ക ഒരു അഹങ്കാരവുമില്ലാതെ ഭഗവാൻ ജീവിച്ചു കാണിച്ചു എന്നാണ് സർവാത്മാവും സമതൃക്കും പരമാത്മസ്വരൂപിയുമായ ഭഗവാൻ ഈ അർജുനന്റെ തേരോട്ടിയായി നിന്നു എന്തിനുവേണ്ടി അർജുനന്റെ അടുത്ത് വലതും കിട്ടാനാണോ അതാണ് ഭഗവാൻ അടുത്ത രണ്ട് ശ്ലോകത്തിൽ പറയണത് നോക്കാം മൂന്ന് ശ്ലോകം നമേ പാർട്ടാസ്തികർത്തവ്യം त्रिषु लोकेशुन नान वातवा वर्त एव कर्मण यदिह नयुकर्मण्यतंद्रिद मम वर्मात मनुष्याश उत्सुरी मे लोका उपहन्यामि नमे पाथस्ति कर्तव्यं त्रिशु लोकेशुन हे पाथ मूल लोकमी कर्तव्य याद न गीत सिद्धांत ड्यूटी आना ഭഗവാൻ പറഞ്ഞു ഒരു ഡ്യൂട്ടിയും എനിക്കില്ല എന്നാണ് ഇതയില് ഡ്യൂട്ടി കോൺഷ്യൻസോടുകൂടെ ചെയ്യൂ എന്ന് ഭഗവാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞാൻ കർത്താവാണ് ഭോക്താവാണെന്നുള്ളത് വിട്ടിട്ട് സ്വധർമ്മം ആചരിക്കൂ എന്നാണ് അല്ലാതെ ഡ്യൂട്ടി ഡ്യൂട്ടി ഡ്യൂട്ടി എന്നുള്ള വാക്കല്ല അത് വലിയ തലവേദനയാണ് അഹം കർത്ത എന്നുള്ള വിചാരത്തോടുകൂടെ ചെയ്യുന്നതൊക്കെ ബന്ധിപ്പിക്കും കർത്തൃത്വ ർത്താണ്ട ജ്വാലാദഗ്ധാന്തരാത്മന കുതമപീയൂഷമൃതേ സുഖം അഷ്ടാവക്രൻ ചോദിക്കുകയാണ് കർത്തൃത്വം ഞാൻ കർത്താവാണെന്നുള്ള ദുഃഖമുണ്ടല്ലോ അത് നത്തുച്ചയ്ക്ക് ഏരിക്കുന്ന വെയിലാണെന്നാണ് അതിന് നാഹം കർത്ത എന്നുള്ള അമൃതധാര തലയിൽ ഒഴിച്ചിട്ടില്ലെങ്കിൽ എവിടെ സുഖം അപ്പോ ഭഗവാൻ പറയാണ് എനിക്കിന്ന അനവാപ്തം അവാപ്തവ്യം എനിക്ക് കിട്ടേണ്ടതായിട്ടൊന്നുമില്ല സാധാരണ കർമ്മം ചെയ്യുന്നത് എന്താ എന്തോന്നും കിട്ടാത്തത് പുതിയതായി കിട്ടാനാണ് ഭഗവാൻ പറഞ്ഞു ഞാൻ പ്രവർത്തിക്കുന്നതിൽ എനിക്കൊന്നും അവാ അനവാപ്തമായിട്ടൊന്നുമില്ല കിട്ടാനായിട്ട് എന്നാലോ ഭർത്തക്യെ വെച്ച കർമ്മിണി അതുകൊണ്ട് ഞാൻ പ്രവർത്തിക്കാതിരിക്കണ്ടോ നിരന്തരം പ്രവർത്തിക്കുന്നു ഒരാവും പകലും പ്രവർത്തിക്കുന്നു എന്തിനു ഭഗവാനെ അങ്ങനെ പ്രവർത്തിക്കണം കുറച്ച് റെസ്റ്റ് എടുത്തൂടെ ർമ്മണി അതന്ത്രിത ഞാൻ ഇങ്ങനെ മടികൂടാതെ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ക്ഷത്രിയനായി ജനിച്ചതുകൊണ്ട് പുറത്തോളം ഓരോരോ സ്വഭാവത്തിന് ഓരോ ധർമ്മമാണ് ഭഗവാൻ തന്റെ സ്വഭാവത്തിനെയാണ് ന്യായീകരിക്കുന്നത് ക്ഷത്രിയ വംശത്തിൽ ജനിച്ചതുകൊണ്ട് ഞാൻ ഇങ്ങനെ അനുസ്യൂതം പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ മടികൂടാതെ ലോകമംഗളത്തിന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഈ ക്ഷത്രിയന്മാരോ കൊണ്ടല്ലോ അവരൊക്കെ എന്റെ വഴിക്ക് നടക്കും മമവർത്തമാവൻ വർത്തന്തെ അതാണ് ബുദ്ധൻ ക്ഷത്രിയ ധർമ്മത്തിൽ സന്യാസം എടുത്ത് എല്ലാ കർമ്മവും ഇട്ടപ്പോ ക്ഷാത്രവീര്യമേ ഭാരതത്തിന്ന് പോയി എന്താ മമവർത്തമാവനു വർത്തന്ത യഥദാചരതി ശ്രേഷ്ഠ സകല രാജാക്കന്മാരും അഹിംസാ പരമോധർമ്മ എന്ന് പറഞ്ഞിരുന്നു വരുണമാപ്പളയും ഒക്കെ പോയി ബ്രാഹ്മണൻ പറയേണ്ടത് ക്ഷത്രിയൻ പറഞ്ഞു ഗീതയും ബുദ്ധനും ഒരേ ടീച്ചിങ് ആണ് എവിടെയാ വ്യത്യാസം ഭഗവാൻ പറഞ്ഞു അഹിംസാ പരമോധർമ്മ ഗ്രാഹം കർത്താൻ ആഹംഭോക്ത യുദ്ധ സ്വഭാർത്താ അറിഞ്ഞിട്ട് ബുദ്ധൻ ക്ഷത്രിയനെ രക്ഷിക്കേണ്ട ഒരു കർത്ത യുദ്ധം ചെയ്യാൻ കാരണം ക്ഷത്രിയന്റെ പവർ പോയി എന്താന്ന് വെച്ചാൽ ക്ഷത്രിയന്റെ സ്വഭാവത്തിനനുസരിച്ച് എങ്ങനെയിരിക്കണോ ആ സ്ഥലത്ത് വേറെ അതും പ്രകൃതിയിലൊരു ഉദ്ദേശമാണ് ഈ ബുദ്ധൻ വന്നതും ബുദ്ധൻ അങ്ങനെ പ്രവർത്തിച്ചതും കുറ്റമല്ല ഞാൻ പറയുന്നത് ബുദ്ധമതത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ക്ഷത്രിയ ധർമ്മം ഈ ഭാരതത്തിൽ ഒരു പക്ഷേ വളരെയധികം ഹിംസാത്മകമായ ഒരു സ്ഥിതിയിൽ പോയപ്പോഴായിരിക്കാം ഒക്കെ ബാലൻസിംഗ് ആണെ ഒന്നൊന്ന് ഇക്വലി പ്രിയം കൊണ്ടുവരാനാണ് ബുദ്ധൻ ക്ഷത്രിയനായി തന്നെ വന്ന് ആ ക്ഷാത്രധർമ്മത്തിനെ ഒന്ന് അല്പ ലൂയിസ് ഗേറ്റ് തുറന്നുവിട്ടത് വെള്ളം ഇത്തിരി പോട്ടെ വളരെ ടൈറ്റ് ആയിട്ടിരിക്കാം അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്തായി ഒക്കെ പോയി പിന്നെയും ശങ്കരാചാര്യർ വന്നു അവർ വന്നു ഇവർ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അപ്പോ ഭഗവാൻ ഇവിടെ ക്ഷത്രിയനായതുകൊണ്ട് ഞാൻ ഇപ്പൊ എല്ലാം ഉപേക്ഷിച്ചാൽ ഞാൻ കർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ ഇവരൊക്കെ കർമ്മം ഉപേക്ഷിക്കും പിന്നെന്താകും മുത്തീദേഹ ന കുര്യാം കർമ്മ ചെയ്ത ഞാൻ കർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ ഈ പ്രജകളെ മുഴുവൻ ഞാൻ നശിപ്പിക്കും വഴിതെറ്റിക്കും സങ്കരസ്യ ജകർത്താ സ്യാം ഞാൻ ആളുകളുടെ ഉള്ളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും സംശയം ഉണ്ടാക്കും ഉപഹന്യാമിമാജാഹ ഈ പ്രജകളെയൊക്കെ വഴി നടത്തുന്നതിന് പകരം ധർമ്മമാർഗത്തിൽ നടത്തുന്നതിന് പകരം അവരെ മുഴുവൻ ഞാൻ വഴിതെറ്റിക്കും അവരും ഒക്കെ കുഴുമടിയന്മാരായിട്ട് തീരും ഞാൻ ഈ അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ചെയ്തിട്ടില്ലെങ്കിൽ അവരും ഒന്നും ചെയ്യില്ല ഞാൻ യുദ്ധം ചെയ്തിട്ടില്ലെങ്കിൽ അവരും ചെയ്യില്ല അതിനുവേണ്ടി ഞാൻ ആ സ്ഥിതിയിലിരുന്നു കൊണ്ട് എനിക്കൊന്നും നേടാനില്ലെങ്കിലും നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് അർജുന സത്ത കർമ്മ്യദ്വാംസോ യഥാകുറന്തി ഭാരതം विवासक्तुर्लोक संग्रह सर्मणि अविवांस अवर अविद्वांस भगवान पर लौहिकन्ग्रह ए प्रवर्कण निरंतर प्रवर्कणु अल अदल विद्वाद्व प्रवर्ति പക്ഷെ എങ്ങനെ എവിടെയാ ഭേദം സക്താഹ കർമ്മണി അവിദ്വാംസഹ യഥാകുറന്തി ഭാരത് തഥാ വിദ്വാൻ അതേ സ്ഥലത്ത് വിദ്വാനും ലോകമംഗളത്തിനായിക്കൊണ്ട് പ്രവർത്തിക്കട്ടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവിദ്വാൻമാര് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് വിദ്വാനായിട്ടുള്ള നിസ്വാർത്ഥനായിട്ട് നിരന്തരം പ്രവർത്തിക്കട്ടെ എന്ന് പറയുകയാണ് ഭഗവാൻ അത് തുടർന്ന് നമുക്ക് നാളെ കാണാം